അവൾ അലങ്കരിച്ചുകൊണ്ടുവന്നു ഭഗവാന്റെ അടുത്തേക്ക് അവൾ ആരാണ് ബാലഗ്രഹസ്ഥ വിചിൻവതീ ശിശൂന് യദൃക്ഷയാ നന്ദഗൃ അസദന്തകം ബാലം പ്രതിച്ഛോരു തേജസം ദദർശദൽപ്പേ അഗ്നി വിവാഹിതം ഭസി ബാലഗ്രഹസ്ഥ വിചുങ്വതീ ശിശൂന് എവിടെയൊക്കെ കുട്ടികളുണ്ടെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഈ ബാലഗ്രഹം യൃച്ചയാനന്ദഗ്രഹേ അസദന്തകം ഇവൻ ആരാണ് അസദന്ത കം അസത്തിനെ അന്തം ചെയ്യുന്ന കം കമ്മിനെ പിടിച്ചാൽ അസത്ത് അന്തമാവും കം എന്ന് വെച്ചാൽ സത്ത് അസത്തിനെ ഗ്രഹിച്ചാൽ അസത്ത് ഇല്ലാതാവും വെളിച്ചം കൊണ്ടുവന്നാൽ ഇരുട്ട് ഇല്ലാതാവുന്ന പോലെ സത്തെന്താണ് ഭഗവാൻ ബ്രഹ്മം ആത്മ അസത്തെന്താണ് ജഡം ദൃശ്യം പ്രപഞ്ചം വെളിച്ചം വരുമ്പോ ഇരുട്ടില്ലാതാവുന്ന പോലെ ഭഗവാൻ വരുമ്പോ ലൗകികം ഇല്ലാതാവുന്നു അസദ് അന്തകം ബാലം പ്രതിച്ച തന്റെ തേജസ്സൊക്കെ മരച്ചുകൊണ്ടിരിക്കുന്ന ഈ ബാലൻ ദദർശതൽപ്പേ അഗ്നി വിവാഹിതം ഭസി കുട്ടിയുടെ അടുത്തേക്ക് അവൾ വന്നു കൃഷ്ണൻ പതുക്കെ ഒന്ന് നോക്കി ഓ പൂത്തന വന്നിട്ടുണ്ട് പൂത്തന വന്നിട്ടുണ്ട് വിബുധ്യത ബാലകമാരികാഗ്രഹം ഇവളൊരു മാരികാവാണ് അവൾ മാരിക മാരി കാ വിബുദ്ധ്യതാ ബാലകമാരികാഗ്രഹം ചരാചരാത്മാ ഇവൾ മാരിക്ക കുട്ടികളെ കൊല്ലുന്നതാണ് ഇവളുടെ ജോലി എന്നറിഞ്ഞ് ചരാചരാത്മാവായ ഭഗവാൻ കണ്ണടച്ചു ചരാചരാത്മാ സനിമീലിതെ ക്ഷണ എന്തിനാ കണ്ണടച്ചത് ഉറങ്ങാണെന്ന് ധരിച്ചോട്ടെ പൂതന വിബുദ്ധാംബാലിത കുട്ടി ഉറങ്ങുകയാണെങ്കിൽ ധൈര്യമായി എടുത്ത് മടിയിൽ വയ്ക്കാറ് ഭഗവാന്റെ കണ്ണ് ആ ദൃഷ്ടി അമൃത ദൃഷ്ടിയാണ് അത് ആദ്യമേ വീണാൽ ഭൂതനയുടെ മനസ്സ് മാറിപ്പോയും വന്ന പണി ചെയ്യാതെ പോകും അതുകൊണ്ട് അത് പാടില്ല ചരാതരാത്മാസനിമീലിതേ ക്ഷണ ഭഗവാന്റെ ഒരു കണ്ണ് ഋതം ഒരു കണ്ണ് സത്യം പ്രപഞ്ചത്തിനെ ഭഗവത് സ്വരൂപമായി കാണുകയാണെങ്കിൽ അവിടെ ഭഗവാന്റെ ധർമ്മം പ്രവർത്തിക്കുന്നത് കാണാം അത് ഋതം അന്തർമുഖമായി കാണുകയാണെങ്കിൽ ആത്മസ്വരൂപം കാണാം അത് സത്യം ഇതിന് രണ്ടിനും ധർമ്മവും ഇവളുടെ ജ്ഞാനവും ഇവളുടെ അതുകൊണ്ട് ചരാതരാത്മാസനിമീലി കാരുണ്യം വന്നു പോകും ഇവളുടെ അടുത്ത് ആദ്യമേ കാരുണ്യം വരരുത് ഔട്ട് ഇപ്പം ഇപ്പൊ കാരുണ്യം വരാൻ പാടില്ല ചരാചറാത്മാസനിമീലി ക്ഷണ ഭഗവാന്റെ ഒരു കണ്ണ് യോഗമാർഗം ഒരു കണ്ണ് ജ്ഞാനമാർഗം ഇവൾക്ക് യോഗവുമില്ല ജ്ഞാനവുമില്ല ചരാചരാത്മാസനിമീലിത്തെ ക്ഷണ ഭഗവാന്റെ ഒരു കണ്ണ് ഉത്തരായണം ഒരു കണ്ണ് ദക്ഷിണായണം ദക്ഷിണായണത്തിലൂടെ സത്കർമ്മങ്ങളൊക്കെ കാവ്യമായിട്ട് ചെയ്ത ആളുകൾ ചന്ദ്രലോകം വരെ പോയി പുണ്യക്ഷയം പിതൃലോകത്തിൽ പുണ്യക്ഷയം വരുത്തി തിരിച്ച് ഭൂമിയിലേക്ക് വരും സൂര്യമാർഗത്തിലൂടെ ചെല്ലുന്നവര് ഉത്തരായണത്തിലൂടെ ചെല്ലുന്നവര് സൂര്യലോകത്തിൽ ചെന്ന് അവിടുന്ന് വിമുക്തരാകും രണ്ടിനും ഇവൾക്ക് യോഗ്യതയില്ല ചരാചരാത്മാനിമീലി ദക്ഷണ കണ്ണടച്ച് ആലോചിച്ചു അത്ര ഈ പൂതനയ്ക്കും വിമുക്തിക്കും ഒരു മാർഗം വേണമല്ലോ എന്ത് ചെയ്യും thinking ചിന്തിക്കുമ്പോൾ ഒത്തിരി കണ്ണടക്കുമല്ലോ ചരാചരാത്മാസ നിമീലി ദക്ഷണ കണ്ണടച്ച് തന്റെ ഹൃദയസ്ഥാനത്തിലിരിക്കുന്ന ലക്ഷ്മി ദേവിയോട് ചോദിച്ചു അത്ര ഇവൾക്ക് മുക്തി കൊടുക്കാനിപ്പോ എന്താ വകുപ്പ് ചരാചരാത്മാസ നിമിലി ദക്ഷണ കണ്ണടച്ച് ഭഗവാൻ വിശ്വാമിത്രനെ വിളിച്ചു എന്നാണ് ഹേ വിശ്വാമിത്ര മുനി കഴിഞ്ഞ അവതാരത്തിൽ ഒരു സ്ത്രീയെ കൊല്ലേണ്ടി വന്നപ്പോ അങ്ങാണ് എനിക്ക് പ്രചോദനം തന്നത് ഇവൾ സ്ത്രീയാണെന്ന് ധരിക്കരുത് വധിച്ചോളാ എന്ന് പറഞ്ഞു താടകെ ഇപ്പൊ ഇതാ മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇത് അവൾ സ്ഥാനത്തിൽ വിഷത്തോട് വന്നിരിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് ചരാചരാത്മാസനിമിയിൽ ഇതേ ക്ഷണ കൈലാസത്തിലേക്ക് പോയി ഹേ മഹാദേവ ഒരു പ്രോബ്ലം പ്രശ്നത്തോടെയാണ് വന്നിരിക്കുന്നത് ശിവൻ ചോദിച്ചു എന്താ പ്രശ്നം കൃഷ്ണ എനിക്ക് പോയിസൺ കഴിച്ച് പ്രാക്ടീസ് പോരാ ഇവരിപ്പൊ സ്ഥലത്തിൽ വിഷവായിട്ട് വന്നിരിക്കുകയാണ് അതെന്താ ചെയ്യേണ്ടത് കണ്ഠത്തോടെ നിർത്തിക്കൊള്ളാന്നാണ് ചരാചരാത്മാസ നിമീലി തെക്ഷണ ഇങ്ങനെ ഭഗവാൻ കണ്ണടച്ചതോടുകൂടെ വ്യാഖ്യാനം പറയാൻ എത്ര വ്യാഖ്യാനം വേണമെങ്കിൽ പറയാം ചരാചരാത്മാസ അനന്തം ആരോപയതംഗമന്തകം യഥോറകം സുപ്തമ ബുദ്ധി കയറിനെ പാമ്പെന്ന് കരുതിയാൽ കുഴപ്പമില്ല പക്ഷെ പാമ്പിനെ കയറായിട്ട് കരുതിയാൽ കുഴപ്പമാവും ഇവൾ കണ്ണനെ എടുത്തു മടിയിൽ വെച്ചു ആരെയാണ് എടുത്തു വെച്ചത് അനന്തം ആരോപയതങ്കമന്തകം അനന്തനെ എടുത്തു മടിയിൽ വെച്ചു നമ്മളുടെ ശരീരം അങ്കം ഈ ശരീരത്തിന് അല്പത്വമുണ്ട് അതിന് അനന്തത്വം ഇല്ല പക്ഷെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനന്തത്തിനെ കാണാൻ ഒക്കും ഒരു കുമിളയിലൂടെ ആകാശം കാണുന്ന പോലെ ഈ അല്പമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അനന്തമായി കാണാൻ ഒക്കും അങ്ങനെ ഈ അല്പശരീരത്തിൽ ഇരുന്നു കൊണ്ട് കണ്ടാൽ അല്പശരീരം ഇനിമേലാൽ എടുക്കേണ്ടി വരില്ല അല്പത്തിൽ ആരോപണം ചെയ്താൽ അല്പത്തിനെ അനന്തത്തിൽ ആരോപണം ചെയ്തിരിക്കുകയാണ് ആ ആരോപണത്തിനെ നിരാകരിച്ച അനന്തത്തിനെ കണ്ടെത്തിയാൽ പിന്നീട് അംഗമില്ല അനന്തം ആരോപയത് അംഗം അന്തകം അംഗത്തിന് അന്തം വരുത്തുന്ന കം അഥവാ അംഗത്തിനെ അന്തം ചെയ്യുന്ന അന്തകനെ ആയ അനന്തനെ എടുത്ത് തന്റെ ഹൃദയത്തിൽ ആരോപണം ചെയ്യണം ഇവൾ എടുത്തും അടിയിൽ വെച്ചു അനന്തമാരോപയതങ്കമന്തകം യഥോരകം സുപ്തമബുദ്ധിരജ്യുതീഹി തീക്ഷണചിത്തയാണവൾ അതിവാമചേതാം അതിദുരാചാരി എത്ര ദുരാചാരിയാണെങ്കിലും ശരി ആരു ഭഗവാനെ എടുത്ത് ഹൃദയത്തിൽ വയ്ക്കുന്നു അവർ സദാചാരിയാവും സാധുക്കളാവും പരമപവിത്രരാവും എല്ലാമാവും അഭിചേത് സുദുരാചാരോ ഭജതയമാമനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിത്തോ ഭഗവാൻ എത്ര വലിയ ദുരാചാരിയാണെങ്കിലും ദുരാചാരിയോ സദാചാര്യോ ഭഗവാൻ നോക്കണില്ല ആര് ഭഗവാനെ എടുത്ത് ഹൃദയത്തിൽ വയ്ക്കുന്ന ഒരു പൂർണ്ണരായി അഭിജേത്സു ദുരാചാര എത്ര വലിയ ദുരാചാരി ആണെങ്കിലും വേണ്ടില്ല എന്നാൽ ദുരാചാരം സദാചാരമൊക്കെ ശരീരതലത്തിലാണ് ഭഗവാനോ ഹൃദയത്തിൽ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ ദുരാചാരി ദുരാചാരം വിടും ക്ഷിപ്രം ഭവതി ധർമാത്മാവൻ ധർമാത്മാവായിട്ട് തീരും ശാന്തി നേടും ചിലപ്പോൾ സദാചാരികളായിട്ടിരിക്കും ഗുരുവായൂരിലേ എവിടെയെങ്കിലുമൊക്കെ താമസിച്ച് അമ്പലത്തിൽ പോവാതിരിക്കണവരുണ്ടാവും അടുത്തു വന്നിട്ടും പോവാതിരിക്കണവരുണ്ടാവും സദാചാരികൾ വളരെ അടുത്താണ് പക്ഷെ ഞാൻ സദാചാരിയ അഭിമാനം തന്നെ അവർക്ക് ഭഗവത് തടസ്സമായിട്ട് നോക്കും ഭഗവാന്റെ കണ്ണിൽ ഒരേ ഒരു ചളിയേ ഉള്ളൂ ഒരേ ഒരു മലമേ ഉള്ളൂ അഹങ്കൃതി വ്യക്തിബോധം ബാക്കിയൊന്നും ചളിയേ അല്ല ബാക്കിയൊക്കെ നമ്മളുടെ കാൽപ്പനികമായ ചളിയാണ് ഭഗവാന്റെ ദൃഷ്ടിയിൽ ഒരൊറ്റ മലമേയുള്ളൂ അഹങ്കാരം ഒരേ ഒരു കരട് ഈ അഹങ്കാരം എപ്പോ ഭഗവാനർപ്പിക്കും അത് നമ്മൾ ശുദ്ധമാക്കിയിട്ട് അർപ്പിക്കണം എന്നൊന്നുമില്ല എങ്ങനെ ഇരിക്കണോ അങ്ങനെയോ കൊടുക്കുക ഭഗവാൻ ഭഗവാൻ പറഞ്ഞ ഞാൻ ശുദ്ധമാ നീ എന്ത് ശുദ്ധമാക്കാനിരിക്കണം നിങ്ങടുത്താ നീ എങ്ങനെ ഇരിക്കണോ അങ്ങനെ ശരണാഗതി ചെയ്യൂ ഞാൻ ശുദ്ധമാക്കിയിട്ട് ശരണ നടക്കില്ലേ എന്തിനാ ശുദ്ധമാക്കാൻ പറഞ്ഞു ശരീരത്തിനാണെങ്കിൽ ശരീരം ശുദ്ധമാവുകയില്ല അതിന് ഏതോ ഒരു സിദ്ധൻ പറയും കുറെ ചളിയും മലവും ഒക്കെ ആയിട്ട് തുണിയിൽ കെട്ടിക്കൊണ്ട് അമ്പലത്തിനുള്ളിൽ പോയിത്ര അത് കണ്ടുപിടിച്ചപ്പോ അദ്ദേഹത്തിനെ ആളുകൾ തല്ലാൻ പോയപ്പോ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കണ്ടുപിടിച്ചത് നിങ്ങളുടെ കുറ്റമാണ് ഞാൻ മറിച്ചിട്ടാണല്ലോ പോയത് മറിച്ചിട്ട് കൊണ്ടുപോയാലും അമ്പലത്തിൽ കൊണ്ടുപോകാൻ പാടില്ല നിങ്ങളും ഒക്കെ കൊണ്ടുപോകണല്ലോ വയറ്റിനുള്ളുണ്ട് ഉള്ളിലുണ്ട് നിങ്ങൾ മറിച്ചു കൊണ്ടുപോകണോ ആരും കണ്ടുപിടിക്കുന്നില്ല അതൊന്നും കുഴപ്പമില്ല ഞാനും മറിച്ചിട്ടാണോ കൊണ്ടുപോയത് നിങ്ങൾ കണ്ടുപിടിച്ചു ശരീരം ഉണ്ടോ അശുദ്ധം അതിനെങ്ങനെ ശുദ്ധമാക്കാൻ പറ്റും എന്നാ ചിത്തം ചിത്തം ആരുടെ അശുദ്ധം അഹങ്കാരമുള്ളതോളം ശുദ്ധമല്ല അഹങ്കാരം എപ്പോ ഭഗവാൻ അർപ്പിക്കപ്പെടുന്നു അപ്പൊ ആ ജീവൻ എത്ര അശുദ്ധനാണെങ്കിൽ ഞാൻ സ്വീകരിച്ചോളാം അവനെ വേഗം പരിശുദ്ധനാക്കിക്കോളാം അവനെ എന്നോട് ചേർത്തോളാം സർവം ജ്ഞാനപ്ലവേനൈവ അഭിജേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഹ ഇതിനു മേലെയൊക്കെ ലൈസൻസ് എവിടെ കിട്ടും ഏറ്റവും വലിയ പാപികളിൽ ഇനിയൊരു പാപം ചെയ്യാനില്ല അത്ര പാപം ചെയ്ത ആളാണെങ്കിൽ പോലും ജ്ഞാനപ്ലവേനൈവ വൃജിരം സന്തരിഷ്യസി ജ്ഞാനത്തിനെ സ്വീകരി ജ്ഞാനം എന്താ ഞാൻ കർത്താവല്ല ഭോക്താവല്ല ഞാൻ ശരീരമല്ല എന്നുള്ള ജ്ഞാനം ഒരാൾ കുതിക്കുകയാണെങ്കിൽ ആ പാപമൊക്കെ അപ്പ കഴുകിക്കളയപ്പെടും കഴുകിക്കളയപ്പെടുന്നു മാത്രമല്ല അതിനുമേലെ അയാളെ കൊണ്ട് പാപം ചെയ്യാൻ സാധ്യമല്ല ഭഗവാനെ ശരണാഗതി ചെയ്താൽ എങ്ങനെയുള്ള ആളാണെങ്കിലും ഭഗവാൻ ശുദ്ധമാക്കിക്കൊള്ളാം ഇപ്പൊ പൂതനയാണെങ്കിലും ശരി അതാണ് ഉദ്ധവർ പറയണത് ധാത്രി ഉചിതാം ഗതി ഒരമ്മക്ക് എന്തൊരു ഗതി കൊടുക്കണോ ആ ഗതി പൂതനയ്ക്ക് സിദ്ധിക്കാൻ പോകും ഈ പൂതന എടുത്ത് മടിയിൽ വെച്ചു മടിയിൽ വെച്ച് പാൽ കൊടുക്കുകയാണ് കണ്ണന് ഒരു ജീവന് എവിടെയെങ്കിലുമൊക്കെ സദ്ഗുരു സമ്പർക്കമുണ്ട് സദ്ഗുരു സമ്പർക്കം ഉണ്ടാകുമ്പോ ദീക്ഷ ദീക്ഷ എന്ന് വെച്ചാൽ എന്താ ഗുരു അനുഭവിക്കുന്ന ആ സ്ഥിതി ആ അവസ്ഥ അതേപടി ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുന്നത് അതിന്റെ രുചിയാണല്ലോ ദീക്ഷ ദീക്ഷ ചിലപ്പോൾ മന്ത്ര രൂപത്തിലായിരിക്കും ചിലപ്പോൾ ഉപദേശ രൂപത്തിലായിരിക്കും ചിലപ്പോൾ ഒരു ദൃഷ്ടിയായിരിക്കും ചിലപ്പോൾ സ്പർശ സ്പർശ ദീക്ഷയുണ്ട് ശിരസിൽ സ്പർശിക്കുക ഭഗവാൻ നരസിംഹമൂർത്തി പ്രഹ്ലാദനെ ശിരസിൽ കൈവച്ചു ധ്രുവനെ ഭഗവാൻ മുഖത്ത് കൈവച്ചു അങ്ങനെയൊക്കെ ദീക്ഷ അപൂർവം രാമകൃഷ്ണ പരമവംശർ ഒരിക്കൽ സ്വാമി വിവേകാനന്ദനെ നെഞ്ചിൽ അങ്ങനെ തൊട്ടു തൊട്ടതോടുകൂടെ വിവേകാനന്ദന് ബാഹ്യപ്രജ്ഞയൊക്കെ നഷ്ടപ്പെട്ട് കുറേ നേരം സമാധിസ്ഥിതിയിലിരുന്നു ഇവിടെ നമ്മളുടെയൊക്കെ അഹങ്കാരത്തിന്റെ സ്ഥാനം ദീക്ഷ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് അഹങ്കാരത്തിനൊന്ന് മിഴുകും ചിജട ഗ്രന്ഥി ഗ്രന്ഥിയും വിവരണു എന്ന് ഭഗവാനോട് ഗ്രന്ഥിയെ ഇല്ലാതെ അഹങ്കാര ഗ്രന്ഥി ഞാൻ എന്നുള്ള അഹങ്കാര ഗ്രന്ഥി എവിടെയായിരിക്കുന്നത് വെച്ചാൽ അതിന് വാസ്തവത്തിൽ ശരീരത്തിൽ ഒരു സ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ചെറിയ ഒരു സൂചനയുണ്ട് ലോകത്തിൽ എവിടെ ചെന്നാലും എല്ലാ ആളുകളും ഞാൻ എന്ന് പറയുമ്പോ ഒരു സംശയവും കൈ പൊന്തിച്ചു കൊണ്ടുവന്ന് പല ദിവസത്ത് നെഞ്ചിൽ വെച്ചിട്ട് ഞാൻ എന്ന് പറയും അത് നിങ്ങൾ ഇന്ത്യയിലല്ല അമേരിക്കയിലല്ല എവിടെ പോയാലും ശരി ഒരാൾ തലയിൽ തൊട്ടിട്ട് ഞാൻ എന്ന് പറയാറില്ല വയറിൽ തൊട്ടിട്ട് പറയാറില്ല ഉതുകൊട്ട് പറയാറില്ല എളുപ്പത്തിൽ കാലിൽ തൊടാമെങ്കിലും മെനക്കെട്ട് കൈ പൊന്തിച്ചു കൊണ്ടുവന്ന് ഹൃദയസ്ഥാനം ഇപ്പൊ അഹങ്കാരഗ്രന്ഥിയുടെ ഒരു സാധന സ്ഥാനം സ്ഥൂല ശരീരത്തിൽ ഒരു സ്ഥാനമായിട്ട് യോഗികൾ ഇതിനെ നിർദ്ദേശിക്കണം ആ സ്ഥാനത്തിൽ ഭഗവാൻ കയ്യെല്ലാം വെച്ചത് വായ വെച്ചു പൂതനയുടെ ആ നെഞ്ചിൽ ഭഗവാൻ പൂതനയുടെ നെഞ്ചിലേക്ക് ഭഗവാൻ വായുവെച്ചു ആ ഭഗവാന്റെ വായ സ്പർശിച്ചതോടുകൂടി ഇവിടെ നിലവിളിക്കാൻ തുടങ്ങി സാമുഞ്ച മുഞ്ച അലം ഇതി പ്രഭാഷിണി നിഷ്പീഡ്യമാന അഖില ജീവർ മുഞ്ച മുഞ്ച വിടു വിടു വിടു മതി മതി എന്ന് ഭാഷ്യാർത്ഥം തോന്നും പക്ഷെ ഭഗവത് സ്പർശമേറ്റോടുകൂടെ മുഞ്ച മുഞ്ച അലം ഇതി പ്രഭാഷിണി ഭഗവാനെ മതി മതി എനിക്ക് ലോക ജീവിതം ലോകത്തിൽ അനുഭവിച്ചതൊക്കെ മതി മുഞ്ച മുഞ്ച എന്നെ വിമുക്തയാക്കൂ അലം അലം പൂതനെയാണെങ്കിലും ആര് ഈ രണ്ടു വാക്കുകൾ പറയണു അവർ വിമുക്തരാകും ആര് അലം മുഞ്ച ലോകത്തിലുള്ളവർക്ക് മതി ഇനി എനിക്ക് ഭഗവാനെ വേണം എന്ന് പറയാൻ ഏതവസ്ഥയിൽ നമുക്ക് സാധ്യമാവുന്നു ആ അവസ്ഥയിൽ ഭഗവാൻ നമ്മളെ സ്വീകരിക്കും എന്നാണ് മുഞ്ച അലം അലം ഇതി പ്രഭാഷിനി നിഷ്പിഢ്യമാണ് അഖില എവിടെയൊക്കെ ഈ അഹങ്കാരം ജീവൻ ജീവൻ തന്നെ അഹങ്കാരം ഈ ജീവൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ വാസനകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ അത് മുഴുവൻ വലിച്ചെടുത്തു അവൾ കണ്ണു തള്ളി ഭീമാകാരമായി അവിടെ വീണു പൂത്തനാ പൂത്തന ഗോപന്മാരൊക്കെ ഓടിക്കൊണ്ടുവന്നു കുട്ടിയെ ഒരു പർവ്വതത്തിൽ നിന്നും ഒരു നീലരത്നം എന്ന വണ്ണം എടുത്തു ഗോപികകൾ ഓരോരുത്തരും കൈമാറി കൈമാറി എടുത്തു ഒരു പുഷ്പത്തിൽ നിന്നും ഒരു പുഷ്പത്തിലേക്ക് പോകുന്ന കരിവണ്ടു പോലെ കണ്ണൻ ഓരോരുത്തരുടെ കയ്യിലായി മാറി മാറിപ്പോയി പാവം കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു ഈ ഭൂതത്തിൽ നിന്നും ഈ ഭൂതത്തിനെ ഇപ്പം തന്നെ വെട്ടി അഗ്നിയിലിടണം പൂതനയെ തീയിലിട്ടപ്പോൾ സുഗന്ധം വരാം ഭഗവാന്റെ അംഗസ്പർശം കൊണ്ട് ശരീരം പോലും പവിത്രമായി തീർന്നിരിക്കുന്നു അങ്ങനെ കണ്ണൻ കുട്ടിക്ക് പാവം പേടിച്ചു പോയിട്ടുണ്ടാവും കുട്ടിക്ക് രക്ഷ ചെയ്യണം എന്ന് പറഞ്ഞ് ഗോമൂത്രം കൊണ്ട് സ്നാപനം ചെയ്ത് കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണോ മധുസൂദന ത്രിവിക്രമ വാമന ശ്രീധരാ ശ്രീകൃഷ്ണ പത്മനാഭ ദാമോദര ദ്വാദശ നാമം കൊണ്ട് രക്ഷ ജപിച്ചു കിട്ടിയത്ര കുട്ടിക്ക് നാമം ഭഗവാൻ തന്നെ രക്ഷയാണെന്നാണ് വിശ്വനൊക്കെ രക്ഷ ചെയ്തു അങ്ങനെ പൂതനാമോക്ഷം അതുകഴിഞ്ഞ് ശകടാസുരഭഞ്ചനം തൃണാവൃത്ത മോക്ഷം മുതലായ സംഭവങ്ങളൊക്കെ നടന്നു ഗർഗപുരോഹിതൻ ഒരിക്കൽ വൃന്ദാവനത്തിൽ ഗോകുലത്തിലേക്ക് വന്നു വസുദേവൻ പറഞ്ഞിട്ടാണ് വന്നത് കുട്ടികൾക്ക് നാമകരണം ചെയ്യണം ആദ്യം ബലരാമനെ വടിയിൽ പിടിച്ചിരുത്തി എന്ത് പേരാണ് കണ്ടാൽ തന്നെ രമ്യമായിട്ടുണ്ട് അതുകൊണ്ട് രാമ ഒരു വ്യത്യാസം വേണം അതുകൊണ്ട് നല്ല ബലാധിക്യാത് ബലം വിദുഹു ബലാധിക്യം ഉള്ളതുകൊണ്ട് ബലരാമൻ എന്ന് വെച്ചു സംഘർഷണൻ എന്ന പേര് അതിനൊക്കെ വേറെ അർത്ഥം പറഞ്ഞു സംഘർഷണൻ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള അർത്ഥമല്ല പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞാൽ മനസ്സിലാക്കുമല്ലോ ഈശ്വരത്വം അതുകൊണ്ട് എല്ലാരെയും ഗോപന്മാരെയും യാദവന്മാരെയും ഒക്കെ ഒന്നിച്ചു പിടിച്ച് നിർത്തുന്നത് കൊണ്ട് സംഘർഷണൻ സംഘർഷണം ഒരിടത്തുനിന്ന് ചെയ്യപ്പെട്ടതുകൊണ്ട് എന്നൊക്കെ അർത്ഥം സംഘർഷണം എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ എന്തറിയാം ആകർഷണവും വികർഷണവും അറിയാം ഒന്നിൽ പുറം വസ്തുക്കൾ ആകർഷിക്കും അല്ലെങ്കിൽ പുറം വസ്തുക്കൾ വികർഷിക്കും രാഗം ദ്വേഷം ഇത് രണ്ടുമില്ലാതെ അന്തർമുഖമായി സ്വരൂപനിഷ്ഠമാവുന്നതാണ് സംഘർഷണം യോസാവാദിത്യ സംഘർഷണമൂർത്തി സ്വരൂപോർഗ്രഹ ശിവനും സംഘർഷൻ എന്ന പേരുണ്ട് വിഷ്ണുവിനും സംഘർഷം എന്ന പേരുണ്ട് സംഘർഷണൻ എന്ന് പ്രത്യേക ഭാവത്തിൽ മൂർത്തിയായിട്ടുമുണ്ട് സംഘർഷണൻ എന്നും ബലരാമസ്വാമിക്ക് പേര് കൃഷ്ണന് ഇനിയിപ്പൊ എന്ത് പേരാ വെക്കേണ്ടത് നോക്കി ഓരോ യുഗത്തിൽ ഇവന് ഓരോ വർണ്ണത്തിൽ ജനിച്ചിരിക്കുന്നു ശുക്ലവർണ്ണത്തിൽ ജനിച്ചിരിക്കുന്നു പീതവർണ്ണത്തിൽ ജനിച്ചിരിക്കുന്നു അധുന കൃഷ്ണതാമകത ഇപ്പൊ കറുപ്പായിട്ട് ജനിച്ചിരിക്കേണ്ടതുകൊണ്ട് കറുപ്പൻ എന്ന് പേര് വയ്ക്കാം കൃഷ്ണഹെന്ന് വെച്ചാൽ എല്ലാരെയും ആകർഷിക്കുന്ന വസ്തു ബ്രഹ്മം എന്ന് ഭീഷ്മ പിതാമഹൻ ഭാരതത്തിൽ പറയും അങ്ങനെയൊന്നും അർത്ഥം പറഞ്ഞില്ല ഗർഗാചാര്യർ പറഞ്ഞു കറുപ്പുസ്വാമി എന്ന് പേര് കറുപ്പായിട്ടിരിക്കണത് കൊണ്ട് കറുപ്പ്സ്വാമി പേര് വെച്ചു തമിഴ്നാട്ടിലൊക്കെ ഈ പേര് ധാരാളം ഉണ്ടാകും കറുപ്പ് സ്വാമി നമ്മളവിടെ ഉണ്ടാകും കറുപ്പൻ എന്നൊക്കെ പേരുണ്ട് പഴയ എന്ന് വെച്ചാൽ കൃഷ്ണ ഉള്ളൂ അക്ക മലയാളത്തിലോ തമിഴിലോ വിവർത്തനം ചെയ്ത കറുപ്പൻ എന്ന് പേരാവും അപ്പോ കൃഷ്ണൻ അങ്ങനെ പേര് വെച്ചു നാരായണ സമോ ഗുണൈ ഇവന് നാരായണനെന്നും പറയാം നാരായണന് സമമായ ഗുണങ്ങളുണ്ടാവും ഹരിക്ക് സമമായ ഗുണങ്ങളുണ്ടാവും പണ്ടൊഴുക്കിയാൽ വസുദേവ പുത്രനായതുകൊണ്ട് വാസുദേവൻ വാസുദേവൻ എന്നുള്ള പദത്തിന് അർത്ഥം ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകം അനന്തരം ത്വഹിർ ബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസത്യം യദ് വാസുദേവം കവയോ വന്തി എന്ന് ജഡഭൃതൻ വ്യാഖ്യാനിച്ചു വാസുദേവതത്വം ഇവിടെ അങ്ങനെയൊന്നും അർത്ഥം പറയാതെ ഏകദേശത്തിൽ ഒരു പേര് വെച്ച് ഗർഗപുരോഹിതൻ പോയി കുട്ടികൾ ഓടിക്കളിക്കുന്ന പ്രായം മുട്ടുകുത്തി നടക്കുന്ന പ്രായോ ഐ സബലമുരാരേ പാണിജാനുപ്രചാരൈമി ഭവനഭാഗ മുട്ടുകുത്തി നടക്കുന്ന പ്രായം കാലിൽ നല്ല പാദസരങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാലിന്റെ മുട്ടി മുട്ടൂന്നി നടന്നിടുമ്പോൾ ശബ്ദം ശ്രവിക്കുന്നു ചിലമ്പിൽ നിന്നു നിർത്തി നടത്തം നോക്കി ശ്രവിച്ചിടാഞ്ഞ ശ്രവിച്ചിടാഞ്ഞു നടന്നു വീണ്ടും തിരുമേനിയുടെ ട്രാൻസ്ലേഷനാണ് കാലിന്റെ മുട്ടൂന്നി നടന്നിടുമ്പോൾ കുട്ടികളെങ്ങനെ മുട്ടുകൂന്നിങ്ങനെ നടക്കുമ്പോ പാദസരം എങ്ങനെ ശബ്ദിക്കണമത്രേ ശബ്ദം ശ്രവിക്കുന്നു ചിലമ്പിൽ നിന്നും കാലിലെ പാദസരങ്ങളുടെ ശബ്ദം എങ്ങനെ കേൾക്കണോ നിരത്തി നടത്തം ഒന്ന് നിന്നു എവിടുന്നോ ശബ്ദം കേൾക്കണ്ടല്ലോ നിന്നു പിറകോട്ടു നോക്കി എവിടുന്ന ഈ ശബ്ദം കേൾക്കണം അപ്പൊ ശബ്ദം കേൾക്കണില്ല ശ്രവിടി ശ്രവിച്ചിടാഞ്ഞു നടന്നു വീണ്ടും മുട്ടുകുത്തി എങ്ങനെ നടക്കുമ്പോ ഈ പാദസരങ്ങളുടെ ശബ്ദം കേട്ടു ഒന്ന് നിന്നു ഒന്ന് തിരിഞ്ഞു നോക്കി ഇപ്പൊ കേൾക്കണില്ല അപ്പൊ വീണ്ടും നടന്നു അങ്ങനെ കുട്ടികൾ വേഗത്തിലാകും ഗതിയെങ്കിലപ്പോൾ കേട്ടിയിടും ആ ശബ്ദം ശബ്ദവും ഒട്ടു വേഗം ഒട്ടേറെ ഈ മട്ടു രസിച്ചിടുമ്പോൾ വീഴാൻ തുടങ്ങും ചിലപ്പോൾ വീഴാൻ തുടങ്ങും ചിലരോടിയെത്തും ചിലയിടത്തങ്ങടെ കുറച്ച് വേഗം നടക്കുമ്പോൾ ശബ്ദം കുറച്ച് വേഗത്തിൽ കേൾക്കും അപ്പൊ പതുക്കെ നടന്നാൽ പതുക്കെ കേൾക്കും കുറച്ച് വേഗത്തിൽ പോകുമ്പോൾ ഒന്ന് വീഴാൻ തുടങ്ങുമ്പോൾ ഗോപികകൾ ഓടി വന്നെടുക്കും അങ്ങനെ കുട്ടികൾ പതുക്കെ മുട്ടുകുത്തി നടക്ക ഓരോരോ കുട്ടികളെ നമുക്ക് കുട്ടികളെ ജാതകർമ്മം നാമകരണം ഇതൊക്കെ കഴിഞ്ഞാൽ ലൗകികമായ ചില ഭാവങ്ങളുണ്ട് കുട്ടി മുട്ടുകുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചില സംസ്കാരങ്ങളുണ്ട് പടികടത്ത് കഴിഞ്ഞാൽ ചില സംസ്കാരങ്ങളുണ്ട് ഇല്ല വാശപ്പടി താണ്ടത് അപ്പൊ ഒരു ഏതൊരു പണി മുട്ടുകുത്തി നടക്കരുത് അതുക്കൊരു സംസ്കാരം എന്നാ ഓരോന്നു നമ്മ പാത്തുണ്ട് എല്ലാത്തിൽമേ ഒരു സന്തോഷം ഇങ്ങൻ അങ്ങരാമനും കൃഷ്ണനുമാ യശോദിക്കും രോഹിണിക്ക് കുഴഞ്ഞ പാത്തക്കേ ടൈം പോർലെ ഇങ്ങനെ നെറിയ പേര് കുഴി തിണ്ടാടാ അവതം കേക്കണക്ക് ഉറവിടമാട്ടേങ്ക അതിൽ ഒരു ആനന്ദവും കുഴ പാത്തക്കനന്ദം അതിനാല് ഭാഗവതം കേക്ക മുടലേന്നാലും കൂടെ പരവാല അവ അടുത്ത് അങ്ങനെ നടന്നക്കറ എങ്കോ കൊണ്ട് കാതല വിട്ട് കഥ പോ എല്ലാ കുഴമേ കൃഷ്ണ സ്വരൂപം താങ്ക് വെച്ചിരുന്ന രോഹിണിയും യശോദയും കഷ്ടപ്പെടാ ഒരു പക്കം പാത്ത കഷ്ടപ്പാടേ ഒരു ആനന്ദമാക്ക എന്നത് പശുമാട് കൊമ്പ് അത് നടുവില് തലയെ പോക്കറി അഗ്നി ദംസ് അസിജ കണ്ട കെ നെരു പോയി തുടരുന്നത് തീയ പോയിട കത്തിനാ കത്തി എടുത്തു കൈ ഉറച്ചി പാക പട്ടും കത്ത് ദ്വിജ കണ്ട മുള പോയിൽ തുടരുന്നത് മുത്തറത് അങ്ങനെ അഴുക്ക് ചളിയ പോയി വിഴുതും പൂന കുട്ടിയെ പിടിച്ച് അത് എത്ര പല്ലിക്ക് എണ്ണി പാകാതെ ഇന്നോട വിളയാട്ടെ ഇപ്പ കൊഞ്ച കൊഞ്ച കുഴക്ക ആരംഭിച്ചു കിട്ടി വീട് എല്ലാം കൃഷ്ണൻ പോരാൻ ഭഗവാനോട് മുഖ്യമായ ലീല വെണ്ണയ തട ലീല കിട്ട ഗോപികളെല്ലാം വന്ന് ഒരുത്തരാൻ കാത്ത യശോധിക്കോഷം അത് പാല് കറക്കുടിയേ കണ്ണു കുട്ടിയെ അവിത്തുവിട്ട് ജനലുക്കുള്ള അപ്പം ഉണ്ടാകുട്ടി അവിത്തു ഓടി കൊടുത്തു അത് ഗോപികക്ക് ഏ അരിഷംന പതിനാറ് വയസ്സ് പൊണ്ണു അഴകാ കണ്ണാടി മുന്നോ നിക്കള പാത്തു പാട്ടി പാട്ടിനും കൂട്ട എപ്പിടി അസമയേ കോടിച്ച് വന്ന അവിത്തു വിടാ വന്നേങ്കടും അപ്പൊ താ അവിത്തു വിടു അത് എന്നോട് സ്വഭാവം എല്ലാരെയും അവിത്തു വിടാ നന്ദി എല്ലാരെയും ഫ്രീ പണ്ടെത്തി എല്ലാരെയും അയച്ചുവിടാനാ വന്നിരിക്കണത് ഇപ്പൊ ഞാൻ എന്തിനാണ് വന്നത് ഇതെന്നെ വരണത് വരേണ്ട സമയം യഥാ യഥാ ഹി ധർമ്മ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം ധർമ്മസ് തഥാ ആത്മാനം സൃജാമ്യ ഞാനല്ലേ തീരുമാനിക്കേണ്ടത് നിനക്ക് എന്താ അറിയാം ഇവിടുന്ന് തൊട്ട് റീഫോർമേഷൻ എന്നാണ് എന്താന്ന് വെച്ചാൽ പാല് പാല് കൊടുക്കേണ്ടത് കുടിക്കേണ്ടത് പശുക്കുട്ടിയാണ് പാല് കുടിക്കേണ്ടത് എന്റെ അമ്മയുടെ പാൽ ഞാൻ കുടിക്കണ പോലെ പശുക്കുട്ടി പാല് കുടിക്കട്ടെ അയച്ചുവിടാണ് അവിടുന്ന് തൊട്ട് തുടങ്ങി സ്തേം സ്വാദ്വത്തി അതത് അതിഭയഹാ വെണ്ണ പാല് തൈര് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സ്വാദ് കൂടു അത്ര എപ്പോച്ച കട്ട് തിന്നുമ്പോ സ്തേയം സ്വാദ് അത്തിഅതതിഭയഹാ അതൊക്കെ ഈ ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് നല്ലവണ്ണം അറിയാം എത്ര വാങ്ങാ കടയിൽ വാങ്ങിയാലും രുചിയില്ല അടുത്ത വീട്ടിൽ എറിയുമ്പോഴാണ് അതിന് രുചി ും കാണാതെ കല്ലെറിയുമ്പോഴാണ് അതിന്റെ രുചി ആ വാങ്ങിക്കുള്ള രുചി വാങ്ങിച്ചു കൊടുത്താലോ ഫ്രീ ആയിട്ട് കിട്ടിയാലോ ഇല്ല എന്നാണ് സ്തേയം സ്വാദു അത്തീ അതാ കൽപ്പിതീ സ്തേയോഗയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം കർമ്മയോഗം പല യോഗമുണ്ട് ഇവിടെ ഒരു പുതിയ യോഗം സ്തേയോഗം ഈ സ്ത്രേയോഗം ജ്ഞാനയോഗത്തിനേക്കാളും ഭക്തിയോഗത്തിനേക്കാളും കർമ്മയോഗത്തിനേക്കാളും രാജയോഗത്തിനേക്കാളും ശ്രേഷ്ഠം അതെന്താ സ്ഥേയോഗം എന്ന് വെച്ചാൽ നല്ല സ്വർണം കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി ഇവിടെ വെച്ചു ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചു എന്ന് വെച്ചോളാം നമ്മളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ പോകും കൃഷ്ണൻ നന്നായിട്ടുണ്ടെന്ന് പറയായിരിക്കും കക്കാൻ മനസ്സുള്ള ആളിവിടെ ഉണ്ടെങ്കിൽ അയാളെ ഇടയ്ക്കിടയ്ക്ക് നോക്കും അയാളെ നെഞ്ചി തകതക തകതക അടിച്ചിന്റെ രൂഖം നിനക്ക് ഇല്ല തിരുടെക്ക് യാരും ഇല്ലാ ഏതാവും ഇരിക്കാടാ പാത്തേ അടിക്കടിയും അത് നമസ്കാരം പണി പോവാന് കിട്ട വന്ന് അപ്പം ഒരു നമസ്കാരം പണ്ടത്തെ അത് കൂടെ പോയിടും അത് സ്റ്റേയോകം അതാണ് വസ്തു ഒരത്തിലേക്കും അത് മാറി ജീവൻ ഭഗവാന അടയറത്തുക്ക് പരിശ്രമം പണ്ടത്തെ വിട ഭഗവാന് ഇന്ന ജീവന അടയറത്ത് ആശപ്പെട മാറി അതാ സ്റ്റേയോഗം ജീവൻ വന്ന് ഭഗവാന അടയറു പരിശ്രമം പെട ഭഗവാൻ അപഹരിക്കോകം ഇത് ആശപ്പെടല ജെ ഭഗവാന് തൃടനും എന്നു പോരിട്ടി ഒരു പക്വത അത് വേണം തൈര് കടഞ്ഞ് വണ്ണ എടുക്കണം മനസ് സത്സംഗത്തിലെ ഒരു തുി മോര് വിടും വിവേകമാക മോർ വിടും സത്സംഗത്തിലും പ്രിഞ്ചട തൈരായിടും പാൽ മുതലേ കിടയ മുടാ തൈരാന ഏകാന്തത്തിലോവിന്ദ ദോദര മാധവേദി കടഞ്ച് ഞാനമാക ഭക്തി ആകെ വെണ്ണെ ഹൃദയം ആകെ വെണ്ണ ഉരുക്കി സെപ്പറേറ്റാ വന്ന് സ്തേയോകം അപ്പൊ ഒരു പക്വമാ ഒരു ജീവൻ എങ്കാ ഗുരുവായി കൽപ്പിതീ സ്തേയോകി അംഗ സ്ഥേയോകത്ത് വസ്തു ഈശ്വരനാ അത് ജീവന പോയി താനാവേ പിടിച്ച് ഒന്നും ചെയ്യാമെ രമണ ഭഗവാന് ഒരു പാട്ടിലെ ഹേ അരുണാചല നാ ഒന്നും ഒന്ന ഭജനം പണലേ ഭക്തി പണലേ നാമ്പാട്ട് എങ്കയോ ലോകത്തിലോ പണി പഠിച്ചിട്ട് പയ്യനെ പോയി നീയ വലുതൊണ്ട് പിടിച്ച് ഇത്തേ ഉന്നോട് അടിമയാ വെച്ചിട്ട് ഇന്നര്യത്തെ നാ എപ്പിൾ ഇതാ സ്ഥേ യോഗം ജീവനോട് പരിശ്രമം ഇല്ലാമ ഈശ്വരൻ വന്ന് ഇന്ന് പക്കം വന്ന് ഓവർ പവറിങ് ജീവൻ അപ്പ തകുതി ജീവനില് ജീവൻ എത്രയോ ജന്മാവാ തപസ് പരിപാടപ്പെട്ട് പാത നിലയിലെ ഈശ്വരൻ അന്തം കൊണ്ടാട വരോട് കൽപ്പിതീയോണ്ടം കുറെ ഒക്കെ വണ്ണ കൊടുക്കും സ്തേയോകമായ വസ്തു അവിടെ ഇരിക്കും ഭഗവാൻ വന്ന് അതിനെ എടുത്തോണ്ട് പോകും ഇടയ്ക്ക് കൊരങ്ങന്മാരുണ്ട് കുരങ്ങന്മാർക്കും ഇത്തിരി ഇത്തിരി വെണ്ണ കൊടുക്കും കുരങ്ങന്മാർ ആരാന്ന് വെച്ചാൽ കുട്ടിക്കുരങ്ങി തള്ളക്കുരങ്ങിന്റെ വയറ്റിൽ പിടിച്ചിട്ട് വിടാതെ നിൽക്കും അമ്മ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിക്കുരങ്ങിന് ഇത്തിരി പാല് കൊടുക്കണം അപ്പോ അല്ലെ ഭഗവാനെ പിടിച്ച് രാവിലെ ഇത്ര ജപം ചെയ്യണം ഇത്ര പ്രാണായാമം ചെയ്യണം ഇത്ര യോഗം ചെയ്യണം ഇത്ര നമസ്കാരം ചെയ്യണം എന്ന് നിഷ്ഠയോടെ ആരംഭ സാധനങ്ങളിലിരിക്കുന്നവരാണ് കൊരങ്ങന്മാർ മർക്കട കിശോർ ന്യായം അപ്പൊ കുറഞ്ഞമാർക്കും ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് വെണ്ണ കൊടുക്കും എന്ന് വെച്ചാൽ ഈ നിഷ്ഠയോടുകൂടെ മർക്കട കിശോരന്യായത്തിൽ സാധന ചെയ്യുന്ന ആളുകൾക്കും ഭഗവാൻ അപ്പപ്പോത്തിരി ഭക്തി അനുഭവം ആനന്ദം കൊടുത്തുകൊണ്ടിരിക്കും ഭാണ്ഡം ഒരു ഗോപിക പറഞ്ഞു എന്റെ വീട്ടിൽ വെണ്ണത്തിനാൻ വന്നു ഇവൻ വെണ്ണക്കൊടുക്കിട്ട് ചോട്ടിലിട്ട് പൊട്ടിച്ചു എന്തിനാ പൊട്ടിച്ച് നാർന്നു വെണ്ണ ആറ്റവണ്ണ ഭിനേ നമുക്ക് ഓരോരോ മനുഷ്യ ശരീരം തന്ന് ഈ ലോകത്തിൽ സത്സംഗം തന്ന് ഭാഗവതം തന്ന് നമ്മുടെ ഭഗവാൻ പറഞ്ഞയച്ചിരിക്കുമ്പോ ഭഗവാൻ ഒരു ഉദ്ദേശമുണ്ട് നമ്മൾ ഓരോരുത്തരും പാരമാർത്ഥികമായ അനുഭൂതിയാകുന്ന ദ്രവ്യത്തിനെ നേടിയെടുക്കണം ഇവിടെ വന്ന ജോലി മറന്ന് മറ്റ് വ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് സമയമില്ല സത്സംഗത്തിന് കുട്ടികളുണ്ട് അതുകൊണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ ഗൃഹകുപിതായാതി ഉപക്രോശതോകാണ് ഇ ലീല എന്താന്ന് വെച്ചാൽ ഒരു വീട്ടിൽ വെണ്ണ കിടക്കാൻ പോയി കൃഷ്ണൻ തൊട്ടിലൊരു കുട്ടിയെ ഇട്ടിരിക്കണു വെണ്ണ കിട്ടിയില്ലേ ആ വീട്ടില് കോപം വന്നിട്ട് തൊട്ടിക്കിടക്കുന്ന കുട്ടിയെ നുള്ളി വിട്ടു അത് ഉറക്കെ നിലവിളിക്കണമെന്നാണ് ആ കുട്ടി ഇത് നമുക്ക് തോന്നും ക്രൂരമായിട്ട് തോന്നും ഇതിന്റെ മറ്റൊരു വശം നോക്കിയാൽ ദ്രവ്യാദാപേസ ഗൃഹകുപിത ഭക്തിക്ക് അവസരം തന്നു ഭക്തിക്ക് പ്രയോജനപ്പെടാതെ ഗൃഹസ്ഥാശ്രമത്തിൽ ആസക്തനാവുകയാണെങ്കിൽ ഗൃഹത്തിനോട് തന്നെ ഭഗവാൻ കോപിച്ച് കുട്ടികളെയും മക്കളെയോ ഒക്കെ നുള്ളി വിടുന്ന നമ്മൾ ഏതേതിൽ ആസക്തിയിരിക്കുന്നുവോ അതാത് വസ്തുക്കൾക്ക് അല്പൽപം നമ്മളുമായിട്ട് വേദന അപ്പൊ എന്താവും ജീവൻ വൈരാഗ്യം വന്ന് വീണ്ടും ഭക്തിക്ക് ഭഗവാന്റെ അടുത്ത് അഭിമുഖമായി തിരിയാൻ ഒരു സന്ദർഭം ഉണ്ടാക്കുന്ന രീതിയിൽ ഗൃഹകുപിതോയാതി ഉപക്രോശ തോക്കാവാണ് എവിടെങ്കിലുമൊക്കെ ഒളിച്ചു വെച്ചാലോ ആ ഇരുട്ട് മുറിയിൽ ഇവൻ പോയാലേ പ്രകാശം ഒരിടത്തും വെക്കാൻ രക്ഷയില്ല ഗോപകുട്ടികളൊക്കെ ചെന്ന് പറയും കൃഷ്ണ ഞങ്ങളുടെ വീട്ടിൽ ധാരാളം വെണ്ണയുണ്ട് അമ്മ തരുണേ ഇല്ല വരൂ ഒരു ഗോപൻ വന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വെണ്ണയുണ്ട് അമ്മ ഇല്ലാത്ത സമയത്ത് വന്ന് പറഞ്ഞു ഈ കുട്ടികളെ എല്ലാവരും കൂടെ ആ വീട്ടിലേക്ക് പോയി കൂടാരത്തിൽ കൂര നീക്കി ഓലയാണോ കൂര നീക്കി കൃഷ്ണൻ ഉള്ളിൽ ചാടി ഈ വീട്ടിലത്തെ ഗോപക്കുട്ടിയും പിന്നാലെയുണ്ട് അവനും കൂടെ വന്നു മുട്ടുകുത്തി നിന്നു ഭഗവാൻ കൃഷ്ണൻ ഈ ഗോപപ്പയ്യന്റെ മേലെ കയറി നിന്നു വെണ്ണക്കൂടെ ചുവട്ടിലിറക്കി വെണ്ണ എടുത്ത് കുറച്ചൊക്കെ പുറത്തേക്കും ഡിസ്ട്രിബ്യൂഷനാണ് കുറേയൊക്കെ വായിലായി മേലയായി മേത്തു മുഴുവനായി ഗോപിക വന്നു ഉള്ള ഗോപകുട്ടികളൊക്കെ ഓടിപ്പോയി ഇവൾ വാതിൽ തുറന്നു നോക്കുമ്പോ സുന്ദരമായി മേല മുഴുവൻ വെണ്ണ യശോദ ഒരു കോണകം ഉടുത്തു കൊടുത്തിട്ടുണ്ട് രാവിലെ അതിനൊരു ഉപയോഗം എന്താ ഉപയോഗം എന്ന് വെച്ചാൽ കൃഷ്ണൻ വന്നാൽ ആ വീട്ടിന്റെ വാതിലിൽ ഒരു മണി കെട്ടിവെച്ചിട്ടുണ്ട് ആ മണിയുടെ നാവ് ഈ കോണകം കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് വിശ്വരൂപ ദർശനം വെണ്ണക്കാപ്പ് നന്ന ചാത്തി വെച്ചിരിക്ക വെണ്ണക്കാപ്പ് ചാത്തിവം ഹേ കുഞ്ഞിന ആരാണെന്ന് ചോദിച്ചു ഗോപിക ബലാനുജനോട് തമ്പി ശരി ശരി ഇങ്ങേ വന്ദേഹത്തെ എന്റെ വീടാണെന്ന് ധരിച്ചു വന്നത് വീട് മാറിപ്പോയതാണ് യുക്തം തത് ഓ അതൊക്കെ നന്നായിട്ടുണ്ട് നവനീത ഭാണ്ഡ വിവരെ ഹസ്തം ഈ വെണ്ണപാത്രത്തിൽ ഇപ്പൊ എന്തിനാ കൈക്കുന്നു മാതഹ അമ്മ അമ്മാന്ന് വിളിച്ചതോടുകൂടി ആ ഗോപിക ഈ ലോകമേ മറന്നു മാതാ യശോദ അമ്മ രാവിലെ മാടുമയ്ക്കാൻ പറഞ്ഞു ഒരു കിടാവിനെ കാണാനില്ലേ ആ കിടാവിനെപ്പോ അന്വേഷിച്ച് അന്വേഷിച്ചു വന്ന് ആരോ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വെണ്ണക്കൂടത്തിൽ ഉണ്ടോ എന്ന് പറഞ്ഞു ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കം മൃഗയിതും വിഷാദം ഇത് കിട്ടിയപ്പ പോവാം ഊത്തുകാടോട് പാട്ട് നാരായണമോ സ്വാമി അമ്മ ഇപ്പൊ പാടുവാം ോവിന്ദന സങ്കീർത്തനം കസ്വം ബാല ബലുജിഹത്തെ മന്മന്തിരാ ശുക്വനീത ഭണ്ഡവിവരെ ഹർം ന്യസേ മാതഹ കഞ്ചനവത്സഗം മൃഗയു മാഷാദം ക്ഷണിം വരവല്ലവച പുഷ്പ തഹ ആട യടാ ട യാരടാനീ നീയാരട യാരടാ നീ അല്ല വഴി കടന്നുള്ളേ വന്ന് അച്ഛമില്ലാമലേ വെണ്ണൈ കൊള്ളയിടും പയ്യൻ യാറടം യാട നീ നീ യാരട യാറടാനീ അല്ല വഴി കടന്നുള്ളേ വന്ന് അച്ഛമില്ലാമലെ വെണ്ണൈ കൊള്ളയിടും പയ്യൻ യാറാം യാറ നീ നേരെ നിക്കാ നല്ല നീല നിറ തുച്ചണ്ടിയും നേലെ നിക്കാ ചായ കൊണ്ടയും നല്ല നീല നീറ തൂച്ചി കണ്ടിയും അന്ന കാരാവിൻ വെണ്ണയൂരുണ്ടെയും തയ്യോടും വായോടും ശണ്ടയിടും പയ്യൻ യാറട യാറടാ നീ നീ യാരട യട നീ അങ്കും ഇങ്ങും പാർത്ത് എങ്ങൾ മന വന്ത് ആരും ഇല്ലാ നേരം അങ്കും ഇങ്ങും പാർത്ത് എങ്ങൾ മന വന്ത് അയ്യമില്ല മനമേൽ മനുവെത്തെൻ പയ്യൻമേലേറിയും നിൽക്കായും അയ്യമില്ലാമൽ മനമേൽ മനുവൈത്തൻ പയ്യന്മൽ ഏറിയും നിറയും അങ്ങേ കട്ടി വൈത്ത ഓഷയിടും മണി ആടാതെ നാക്കൈപ്പിടിക്കീരായ അങ്കേ കട്ടി വൈത്ത ഓശയിടും മണി ന ആടേ നാക്ക ഇത്തേതും പോതാദർ കെ പാർത്ത് അന്തരംഗ കണ്ണടിക്കീരായ് ഇത്തേ ചെയ്തും പോതാദർ കെ അന്തരംഗ കണ്ണടികേറായീ നീ യാരട യാരടീ പാർത്ത് പാർത്ത് കഥ സേർത്ത് ചേർത്ത് ചൊല്ലും ബലവൻ തമ്പി എ പി സേർത്ത് ചേർത്ത് ചൊല്ലും ബലവൻ തമ്പി എ പിള്ളായി ബലരാമൻ തമ്പിയുമാണാൽ ഉനക്കിന്ത മനയിൽ വേല എന്നലരാമൻ തമ്പിയുമാണാൽ ഉനക്കിന്ത മനയിൽ വേല എന്നൊയ്യൊന്നാലും പൊരുന്തൊല്ല വേണം ബുദ്ധിത്തന കള്ള പിള്ള പൊയ്യൊന്നാലും പൊരുന്തൊല്ല വേണം കുത്തി തനക്കള്ളപ്പിഴായി പോനത് പോകട്ടും ഇത്തനേലേറി ഉറയിൽ വേലയല്ലൊ പോനത് പോകട്ടും ഇത്തനേലേറി ഉറയിൽ വേലയല്ലൊായ് ആരെന്ന ആരടാനീം നീ ആരടയാടാനീ എതത് ഏതത് ഇന്ന പയ്യൻ വായൽ ഇരളുലകാലോം എതത് ഇന്ന് പയ്യൻ വായൽ ഇരളുലകളപ്പം ഇന്നപ്പടിയൊരു പിള്ള പെറ്റാർത്തവം എത്തനെ പാടോം ഇന്ന പടിയൊരു പിള്ളി പെട്ടാർ വായാറ ഇന്ന പൊയെല്ലുക കരയെ കെട്ടും പൊറപ്പേരോ വായാറൈ പൊയ്യെല്ലുക കരയെ കെട്ടും പൊറപ്പേനോം കട്ടിയണത്തി അന്നെ കാട്ടിടാമൽ വിടുവേനോ കട്ടിയണത്തി അന്നെ കാടമൽ വിടുവേനോ വാരടാം യാരട നീ നീയടാം യാരട നീ പോയും പോയും ഇന്ന് കാവൽ വൈപ്പൂറം പോനേനെ നാൻ ഒരു മാട്ടി പോയും പോയും നി വൽ വൈത്തപ്പൂറം പോനേനെ ഞാൻ ഒരു മാട്ടിയും ബുദ്ധിയില്ലാൻ കയ്യിൽ ചാവിയും തന്തേനേം പൊല്ലാത്തനത്തി ഒരു വട്ടീം ബുദ്ധിയില്ലാൻ കയ്യിൽ ചാവിയും തന്തേനേം പൊല്ലാത്തനത്തി ഒരു വട്ടീം എങ്ങൾ വീട്ടു പിള്ള തോളനാൻ പൂനെ കുട്ടി മാന സരത്ത് എങ്ങൾ വീട്ടു പിള്ള തോളനാൻ പൂനെക്കുട്ടീ വമ്പുകൾ അത്തക്കും ഫല നേരായി വന്നിടും തരുണം അത്തനയ്ക്കും ഫലം നേരക വന്തിടും തരുണം കിട്ടേ യാരടാം യാരടാ നീ നീ യാരടായ ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമസീർത്തനം ഒരിക്കൽ ബലരാമസ്വാമി യശോദയുടെ അടുത്ത് വന്ന് പറഞ്ഞു കൃഷ്ണൻ മണ്ണ് തിന്നു യശോദ കണ്ണനെ കൈപിടിച്ച് വലിച്ചുകൊണ്ടുവന്നു കസ്മാൻ മൃതമദാന്താത്മൻ ഭവാൻ ഭക്ഷിതവാൻ രഹ തനിക്കെന്താ തിന്നാനൊന്നും തരണില്ലേ വീട്ടിൽ മണ്ണേ കിട്ടിയുള്ളൂ കുട്ടികൾ ചോദിച്ചത് അത്രേ എന്തിനാടാ മണ്ണ് തിന്ന് മരുന്ന് ആന്റിഡോട്ട് എന്തിനാ ആന്റിഡോട്ട് എന്ന് വെച്ചാൽ വശം കഴിച്ചതിന് പകരം മണ്ണ് തിന് മൃത്സ്നാം അത്സീഹേതി യശോദാ താടന ശൈശവ സന്ത്രാസം യശോദ വായ കാണിക്കൂ നാഹം സർവേ മിഥ്യാഭിശംസിന മണ്ണ് തിന്നു നാം ഭക്ഷിതവാനമ്പ ഞാൻ തിന്നിട്ടില്ല സർവേ മിഥ്യാഭിശംസിന എല്ലാരും മിഥ്യയാണ് പറയണത് കയവമാഹ ആരാ എന്ന് പറഞ്ഞത് മുസലി ബലരാമനാ പറഞ്ഞത് മിഥ്യാമ്പ പശ്യാതനം പറഞ്ഞത് കള്ളമാണ് അമ്മ നോക്കിക്കൊള്ളാ എന്ന് വായു തുറന്ന് കാണിച്ചു കൊടുത്തു എന്നാണ് മൃത്സാമത്സീഹേ യശോദ താടനശൈശവ സന്ത്രാസം വ്യാധിതപക്രാലോകിത ലോകാലോക ചതുർദലോകാളിം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ആയെ തുറന്ന് കാണിച്ചെടുത്തു അല്പം മണ്ണ് കാണാൻ ആശിച്ച യശോദയ്ക്ക് ത്രിഭുവനങ്ങളിലുള്ള സകല മണ്ണും കാണിച്ചെടുത്തു മണ്ണും ജലവും അഗ്നിയും വായു ആകാശവും ഒക്കെ കാണിച്ചു കൊടുത്തു എല്ലാ പ്രപഞ്ചസൃഷ്ടി മുഴുവൻ കണ്ണന്റെ വായിൽ കണ്ട യശോദ ഒരു ക്ഷണനേരത്തക്ക് യശോദയ്ക്ക് തത്വജ്ഞാനം ഉണ്ടായി അത്രേ അഹം മമാസൗ പതിരേശമേ സുത വ്രജേശ്വര അഖിലവിത്തപാസതി ഗോപ്യശ്ചോപാഹ സഹ ഗോധനാശ്രമേ എൻ മായയാ യുത്തം കുമതി സമേ ഗതി ഞാനും ഈ വ്രജഭൂമിയും ഈ പുത്രനും എല്ലാം ഏതൊരു പരമാത്മ സത്യത്തിന്റെ മായാപ്രകടനം കൊണ്ട് നാമരൂപമായിട്ട് കാണുന്നു ആ സത്യസ്വരൂപനായ ഭഗവാൻ എനിക്ക് ഗതി എന്നുവെച്ചാൽ ആ അനുഭവം യശോദയ്ക്ക് തൽക്കാലത്തേക്ക് ഉണ്ടായി അധിക കൊടുത്താ പറ്റില്ല കളി നടക്കില്ലല്ലോ അതുകൊണ്ട് ആ അനുഭവം ഉണ്ടായി കരയാൻ തുടങ്ങി അമ്മ വിശക്കണു പാലുതരും സ്തനമമ്പതിശേതി ഉപാസകൻ ഭഗവൻ അദ്ഭുത ബാലക പാഹിമാം അമ്മ പാല് തരൂ എന്ന് പറഞ്ഞിട്ട് അറിയാൻ തുടങ്ങിയപ്പോ കുട്ടിക്ക് എന്തോ വായിൽ എന്തൊക്കെയോ കണ്ടു എന്തെങ്കിലും കുഴപ്പം വല്ല ബാധ ഗ്രഹബാധ പോലെ വല്ലതും ഒക്കെ ആയിരിക്കും കുട്ടിക്ക് മന്ത്രമൊക്കെ ജപിച്ച് രക്ഷയൊക്കെ ജപിച്ച ഒക്കെ ചെയ്തു അത്ര ഒരു ദിവസം യശോദ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുക കണ്ണൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നു സൗമം വാസ പൃഥു കടിതേ ബിഭ്രദീ സൂത്രനധം പുത്രസ്നേഹസ്മൃതകുജയുഗം ജാതകമ്പുഭ്രൂ രജ്ജ്വാകർഷശ്രമഭുജതല കണ കുണ്ടേ സ്വിന്ന വിഗളന്മാലതീ നിർമന് കുട്ടി പതുക്കെഴിഞ്ഞിട്ട് നടന്നു വന്നു പെട്ടതിരിയുടെ വൃത്തവും കുട്ടി നടന്നു വരേണ്ട പോലെയാണ് ഏകദാ ദിവിമാധകാരി മാതരം സമുപസേതിവാൻ ഭവാൻ പതയാവാരൻ അങ്കവേത്യ പപിവാൻ പയോധരവും മടിയിൽ അമ്മയുടെ കയ്യൊക്കെ പിടിച്ചു വാങ്ങി മടിയിൽ കടന്നു പാല് കുടിക്കാൻ തുടങ്ങി രസമായി രസിച്ചങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകുണ്ഠത്തിൽ കിട്ടില്ലല്ലോ ചുറ്റും പാലാണെങ്കിലും കുടിക്കാൻ പറ്റില്ല ചുറ്റും പാലാണ് കിടക്കണതെങ്കിലും കുടിക്കാൻ വയ്യ അമ്മയുടെ പാൽ എവിടെ കിട്ടും നമ്മൾ എത്ര അമ്മയുടെ പാൽ കുടിച്ചിരിക്കണല്ലേ എക്സ്പീരിയൻസ് എത്രയുണ്ട് നമുക്ക് ഒരു തായ് ഇരുതായി പല കോടിയ തായ് തിരുവണ്ണാമലെ ഒരു ഗുരുനമശിവായ സ്വാമികൾ എന്താ പറയാ അവർ നാം കുടിച്ച തായിമാറുകൾ പാല് ഇല്ലാ ഒന്നാ ചേത്തോ മഹാവിഷ്ണു കൊടുത്തിട്ട പാലാഴി ചിന്ന കുളമാ പോയിടുമോ അത്ര പാൽ കുടിച്ച അമ്മയുടെ പാല് കുടിക്കാനുള്ള ഉത്സാഹത്തിൽ കൈപിടിച്ച് വാങ്ങി മടിയിൽ കിടന്നു രസിച്ചു കുടിച്ചുകൊണ്ടിരിക്കാൻ അർദ്ധീ തളേ ത്വീ സ്നിഗ്ധഹാസമധുര നാം പകുതി കുടിച്ച് അങ്ങനെ രസിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ശബ്ദം വിശ്വ ശബ്ദം അടുപ്പില് വെച്ചിരിക്കുന്ന പാല് പൊന്തി അഗ്നിയിൽ വീണു അമ്മയ്ക്ക് തിടുക്കം കൊണ്ട് കണ്ണനെ മടിയിൽ നിന്നും ബലമായി ചുവട്ടിൽ ഇറക്കി വെച്ച് പോയി കോപം ആർക്കും കിട്ടാത്ത ഭാഗ്യം ഞാൻ മടിയിൽ കിടന്ന് പാല് കുടിക്കണം അടുപ്പിൽ വെച്ച ഒരു ലിറ്റർ പാലാണ് അപ്പൊ നിങ്ങൾക്ക് വലുതായ തന്നെ ഒരാഴ്ചയായിട്ട് വെച്ച വെണ്ണയൊക്കെ ഞാനിപ്പൊ തീർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു അമ്മിക്കൊഴുവിണ്ടുവന്ന് കിട്ടുമെന്നാണ് ബട്ടേരി മാറ്റിയിട്ട് മത്തുകൊണ്ട് മന്ദദണ്ഡം ഉപഗ്രഹ്യ പാഠിത്തം ഇപ്പൊ ഒന്ന് മാറ്റി എന്താണെന്ന് വെച്ചാൽ മത്തടുത്തുണ്ട് അമ്മിക്കൊഴുവി എടുത്തുകൊണ്ട് വരണം ചെറിയ കുട്ടിക്ക് മത്ത് പിന്നെയും എടുക്കാം അമ്മിക്കൊഴിവിയെക്കാളും അപ്പൊ അതുകൊണ്ട് മത്തുകൊണ്ടും അടിച്ചു എന്ന് എഴുതിയപ്പോ ഗുരുവായൂരപ്പൻ അവിടുന്ന് ഒരു അശ്രീരി കേട്ടു അത്ര ബട്ടരിക്ക് ബട്ടരി പറഞ്ഞ നന്നായിട്ടെന്തോ പക്ഷെ നടന്നത് വ്യാസം പറഞ്ഞതാണ് ഞാൻ അമ്മിക്കൊഴി കൊണ്ടുവന്ന മത്ത് ഞാൻ കണ്ടില്ലാന്നോ മന്ദദന്ത ഉപഗൃഹ്യപാഠിതം ഹന്തദേവദിഭാഗനം ത്വയാ സാമിപീതരസംഗതക്രോധപാര പരിഭൂത ചേത സ കോപം കൊണ്ട് ആ തൈര് കിടയൻ കയറൊക്കെ കടിച്ച് പൊ പൊട്ടിച്ച് എലി അടിക്കണ പോലെ ഒക്കെ കടിച്ചു അടിച്ച് പൊട്ടിച്ച് തൈര് കുടം പൊട്ടിച്ചു വെണ്ണയൊക്കെ അവിടെ വിശാലമായിട്ട് കിടക്കുന്നു വെണ്ണ കുറെ പേർക്കെടുത്തു അവിടുന്ന് ഓടി ഈ ശബ്ദം കെട്ടത് യശോദയ്ക്ക് മനസ്സിലായി എന്തോ കുഴപ്പം പറ്റിച്ചിട്ടുണ്ട് അവിടുന്ന് കിട്ടിയത് ഒരു കയറാണ് അത് എടുത്തുകൊണ്ടുപോകുന്നു അവിടുന്ന് അമ്മ കോപമായിട്ട് വരുന്നത് കണ്ടു അമ്മ വരുമ്പോ ഇവിടെ ഒരളുടെ മുകളിൽ ഇരുന്നിട്ട് പൂച്ചയ്ക്ക് വണ്ണോ കൊടുക്കുകയാണ് പൂച്ചയ്ക്ക് വെണ്ണ കൊടുക്കുക താൻ തിന്നു കഴിഞ്ഞു ധാരാളം എക്സ്ട്രാ ഉണ്ട് പൂച്ചയ്ക്ക് എന്താപ്പോ പൂച്ചയ്ക്ക് എന്ന് വെച്ചാൽ പൂച്ചയുടെ മുഖത്ത് മൂക്കിൽ വായിലും ഒക്കെ തേച്ച് വിട്ടാൽ പൂച്ചയാണോ വെണ്ണ കെട്ടത് കൊടം തല്ലി പൊട്ടിച്ചതെന്ന് പറയാലോ അതിനാണിപ്പോ അപ്പൊ പൂച്ചയ്ക്ക് ദീയമാന നവനീതം ഓതവേ യശോദ അവിടെ കണ്ടപ്പോഴും ഓടി ഓടിയിട്ട് പോണോ വേണ്ടയോ പോണോ വേണ്ടയോ പോണോ വേണ്ടോ ഒരു സംശയം ഹർത്തും ദൃ്വാഹണചുലാ മാതരം ജാതരോഷാ പ ഷത് പ്രചലിത പഥോ നപഗൻ നഷൻ മിഥ്യ ഗോപയേ മീലയൻ വിശ്വഗുപ്ത വെണ്ണ കൊടത്തുനിന്ന് വെണ്ണ എടുത്തുകൊണ്ട് അമ്മ രാമഗ്രഹണ ചട്ടുള്ള കയ്യിൽ കയറുകെടുത്തുകൊണ്ട് കോപത്തോടെ വരുന്ന അമ്മയെ കണ്ടപ്പോ പോണോ വേണ്ടയോ ഒരേ സംശയം ഇപ്പോ അമ്മ വളരെ കോപത്തിൽ വരുന്നു നല്ല അടി കിട്ടും കിട്ടിയാൽ വേദനയ്ക്കും ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വരാം അപ്പോഴേക്കും കോപം തണുക്കും അല്ല കുറച്ച് കഴിഞ്ഞ് വന്നാൽ ഇപ്പൊ ഓടിയതിനും ചേർത്തി അതുകൊണ്ട് ഇപ്പൊ തന്നെ വാങ്ങിച്ചോണ്ട് പോവാം ഒരു മനസ്സ് ഇപ്പൊ പോയിട്ട് അടുത്ത വീട്ടിൽ ആ ഗോപസ്ത്രീ ഉടിച്ചതെന്ന് പറയാം അമ്മ അടിക്കാൻ പറഞ്ഞാൽ അവൾ എനിക്കായിട്ട് ശുപാർശയ്ക്ക് വരും അതാണ് നല്ല ഐഡിയ പോവാം പിന്നെ തോന്നി ഇന്നലെ അവരുടെ വീട്ടിൽ പോയി കെട്ടിട്ടുണ്ട് അവരും ചേർത്തി പറഞ്ഞാലോ ഇങ്ങനെ തീരുമാനിച്ചു നിന്നു പോയി നിന്നു പോയി അവസാനം റോട്ടോടി ഓടി ഓടി ഓടി എന്നൊരു ഭക്തൻ അദ്ദേഹത്തിന് കുടം പണി ചട്ടി ഉണ്ടാക്കുന്നതാണ് പണി ദതിപാണ്ഡന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ദതിപാണ്ഡ എന്നെ രക്ഷിക്കൂ ദതിപാണ്ഡൻ പരമഭക്തൻ ദിവസം കൃഷ്ണനെ വിളിക്കും കൃഷ്ണ അവിടെ വരൂ കുറച്ചു നേരം എന്റെ അടുത്ത് വന്നിരിക്കൂ ഞാൻ നിനക്ക് വെണ്ണ തരാം പാല് തരാം ഇപ്പൊ സമയമില്ലാട്ടോ പിന്നെ വരാം എന്ന് പറയട്ടെ വളരെ അമ്മ ഓടിച്ചപ്പോ വന്നിട്ടുണ്ട് എന്നെ രക്ഷിക്കൂ എങ്ങനെ രക്ഷിക്കുന്നതിന് അമ്മ അടിക്കാൻ പറഞ്ഞു കുറച്ച് കൊള്ളുക കൊണ്ടാലേ ശരിയാവുള്ളൂ ഞങ്ങളൊക്കെ എത്ര കൊണ്ടിരിക്കണം എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കോ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് വലിയ കുടത്തിൽ കമിഴ്ത്തി വെക്കാൻ നല്ല പാകം പിടിച്ചു വെച്ചു കുട്ടം കൊണ്ട് കമിഴ്ത്തി വെച്ചു തുറന്നേ വിട്ടില്ല കുറേ നേരം കഴിഞ്ഞപ്പോ അതിനകത്ത് നിന്ന് നിലവിളിച്ച് അത് വേണ്ട ഒന്ന് കുടം തുറന്നു വിടുവോ അവിടെ കിടക്ക എനിക്ക് ശ്വാസം വിട്ടുള്ളൂ ഞങ്ങൾ എത്ര ജന്മം ഗർഭത്തിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും ഇനി കേട്ടില്ലല്ലോ ഇപ്പൊ കുറച്ച് കിടക്കുക ഒരു കുടത്തിൻ്റെ ഉള്ളിലെങ്കിലും കിടന്നാലേ വിഷമം മനസ്സിലാവുള്ളൂ അവിടെ കിടന്ന് പറഞ്ഞു എന്ത് വേണമെങ്കിൽ ചോദിച്ചാലും തരാം അതാണ് ഭഗവാനെ ട്രാപ്പൽ ആക്കുക എന്ന് പറയുന്നത് എന്ത് ചോദിച്ചാലും തരാം ഇവിടെയുള്ള പാറ്റ പല്ലി ഈച്ച മുതൽ കൊണ്ട് സകല പ്രാണികൾക്കും മുക്തി കൊടുക്കുകയാണെങ്കിൽ തുറന്നുവിടാം എന്നാണ് ഭഗവത് പ്രാപ്തി കൊടുക്കുകയാണെങ്കിൽ തുറന്നുവിടാം നിവൃത്തിയില്ല സമ്മതിച്ചു തുറന്നു വിട്ടു എന്നാൽ ഞാൻ പോയിട്ട് വരാം നാളെ വരാം വിശക്കണമിപ്പമ്മയുടെ അടുത്ത് പോണം വിശപ്പുണ്ട് പുറപ്പെടാൻ നിന്നപ്പോഴാണ് കോലം മാറിയത് എന്താന്ന് വെച്ചാൽ വരുന്ന വഴിയിൽ ഉടുത്തുവിട്ട ട്രൗസർ എവിടെയോ അഴിഞ്ഞു വീണുണ്ട് അപ്പൊ ഓടുന്ന വേഗത്തിൽ അത് കണ്ടില്ല അത് വഴിയിൽ എവിടെയെങ്കിലും വീണുണ്ട് അത് എവിടെയാ വീണത് എന്ന് ഇപ്പൊ ശ്രദ്ധിക്കാൻ ഇപ്പൊ എങ്ങനെ തിരിച്ചു പോവാ ഒന്ന് എത്തി നോക്കി ആരെങ്കിലും വഴി നിൽക്കണ്ടോ നോക്കി ശിവേലി അങ്ങോട്ട് പോയിട്ടുണ്ട് തിരിച്ചിങ്ങോട്ട് പോയി എല്ലാവർക്കും അറിയാം സകല പേരും ഉമർത്തതൊക്കെ ഉണ്ട് ഇപ്പൊ പോവാതിരിക്കാനും വയ്യ വിശപ്പ് പോവാനും വയ്യ നാണക്കൾ ദതി പണ്ട ദതിപാണ്ഡനാണെങ്കിൽ അങ്ങനെ നോക്കണ്ട് അവസാനം തല താഴ്ത്തിക്കൊണ്ടൊരു ഓട്ടം തല താഴ്ത്തിക്കൊണ്ടൊരു ഓട്ടം ഓടി നേരെ പോയി യശോദയുടെ കയ്യിൽ തന്നെ പെട്ടു യശോദ പിടിച്ചു എന്നെ കുറച്ച് ശിക്ഷിച്ചു വയ്ക്കണം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലേ കെട്ടിയിടാൻ തന്നെ തീരുമാനിച്ചു ആരെയാ കെട്ടിയിടാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ കഴിയാൻ തുടങ്ങി കെട്ടിയിടാൻ പോയി പ്രകൃതാകസന്തം പ്രറുദന്തം അക്ഷിണി കഷന്തം അഞ്ചൻ മഷിണി സ്വപാണിന രാവിലെ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട് യശോദ അതൊക്കെ കരഞ്ഞു കരഞ്ഞ് മുഖത്ത് മുഴുവനായി പക്ഷെ രണ്ടും ഒരേ കിണറായതുകൊണ്ട് വലിയ വ്യത്യാസം അറിയില്ല ഇതൊക്കെ കൂടെ മേലെയും മുഖത്തും ഒക്കെ യശോദ വഴി കടീടാന കൈരടത്തു നാന്തചാറ പൂർവാ ജഗതോ യോ ജഗക്ഷ തം മമജമവ്യക്തമർഗമധോക്ഷജം ഗോപി ഉലൂഖലേ ധാബന്ധ പ്രാകൃതം യഥാ ബന്ധുച്ഛതിയ സജ്ജന ആരെയാ കെട്ടിയിടാൻ പുറപ്പെട്ടത് എന്ന് വെച്ചാൽ കെട്ടിയിടണമെങ്കിൽ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അല്ലേ കെട്ടിയിടാൻ പറ്റുള്ളൂ നമ്മളെ കെട്ടിയിടാം നമ്മൾ ഇല്ലാത്ത സ്ഥലമുണ്ട് അതിലൂടെ കയറ് വലിക്കാം ഇവൻ ഇല്ലാത്തൊരു സ്ഥലമില്ല എങ്ങനെ കെട്ടിയിടും എന്നാണ് ചോദിക്കുന്നത് എന്നുവെച്ചാൽ ആർക്കുള്ള പൂർവം അപരം ഇല്ലയോ യവൻ സർവവ്യാപിയോ യവനല്ലാതെ വേറൊരു വസ്തു ഇല്ലയോ അവൻ എങ്ങനെ കെട്ടിയിടും അങ്ങനെയുള്ള അവ്യയവമായ വസ്തുവിനെ തന്റെ പുത്രൻ എന്ന് കരുതി ഗോപിക ഈ ഗോപിക ഗോപസ്ത്രീ കെട്ടിയിടാൻ പ്രാകൃതമായ ശിശുവിനെ എന്ന വണ്ണം കെട്ടാൻ പുറപ്പെട്ടു രണ്ടങ്കുലം കുറവ് എന്നാണ് എന്താ ഈ രണ്ടങ്കുലം ഞാൻ എന്റെ എന്ന് വിചാരിച്ച് കെട്ടാൻ ശ്രമിച്ചാൽ നടക്കല്ലേ ദാമോദര ഭഗവാനെ ഞാൻ സാധന ചെയ്ത് പിടിക്കും ഇത്ര ജപം ചെയ്ത് പിടിക്കും കുറേ ജപം ചെയ്തു കിട്ടില്ല പ്രാണായാമം ചെയ്ത് ഞാൻ സാക്ഷാത്കരിക്കും നടക്കില്ല ശാസ്ത്രമൊക്കെ പഠിച്ച് ഞാൻ നേടും നടക്കില്ല എല്ലാ സാധനയിലും ഭഗവാൻ കിട്ടും പക്ഷേ ഏത് സാധനയിലും കിട്ടില്ല ഏത് സാധനയിലും ഞാൻ എൻ്റെ ഉള്ളത്തോളം ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവില്ല എപ്പോ ഈ ജീവന് ശരണാഗതി ഉണ്ടാവുന്നു അപ്പോഴേ ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ ബ്രഹ്മത്തിനെ കർമ്മം കൊണ്ട് പിടിക്കാൻ ഒക്കില്ല എന്ന് ജ്ഞാനികൾ പറയുന്നതും ഭഗവാനെ കൃപ കൊണ്ടേ നേടാൻ പറ്റുള്ളൂ എന്ന് ഭക്തന്മാർ പറയുന്നതും ഒന്നാണ് കർമ്മം കൊണ്ട് ബ്രഹ്മത്തിനെ പിടിക്കാൻ ഒക്കില്ല എന്ന് ജ്ഞാനികൾ പറയുന്നതും കാരകം ഒന്നും തന്നെ ബ്രഹ്മത്തിൽ ചേരില്ല കാരകം ഉള്ളപ്പോൾ അതുകൊണ്ടാണ് അത് വസ്തുതന്ത്രമാണ് പുരുഷതന്ത്രമല്ല എന്ന് പറയുന്നത് പുരുഷനെ വസ്തുതന്ത്രം അത് സ്വതന്ത്ര വസ്തു എത്ര കാലം എന്റെ വ്യക്തിത്വം ഉണ്ടോ എത്ര കാലം അഹങ്കാരം ഉണ്ടോ അത്രയും കാലം ആ വസ്തു പിടിപടലയാ എപ്പഹങ്കാരം പോയി ശരണാഗതി വരണു സ്വതന്ത്ര വസ്തു സിദ്ധം കിട്ടി ഇത്തരത്തിൽ കാണ്ടുവണ്ടിരുന്നോർക്ക് അത്തന്ത്രത്തിന് അവളിത്തും ഇന്ന തന്ത്രത്തിനാലും നാം ഭഗവാനെ പിടിച്ച് നോടുവേന്ന് നെച്ച അന് തന്ത്രത്തിലേ അവൻ പൂന്താ കിടക്കാതെ എന്ന ടെക്നിക്കും മെത്തേഡ് എന്ന ഒരു ടെക്നിക്കു ഭഗവാന അഹങ്കാര അടങ്ങി വിളർന്ന് പോയി എന്നാലും മുടിയേ അപ്പീ അഴറ മാതിരി ഒരു ഘട്ടത്തിൽ വന്നപ്പോ ബന്ദമേവ കൃപയാൻ വമന്യതാ കൃപ കൊണ്ട് ബന്ദിക്കാനായിട്ട് വഴങ്ങിക്കൊടുത്തു നാളെ പിടിച്ചോള കെട്ടിട്ടു ദാമത്തിൽ ഉദരത്തിൽ ദാമം കെട്ടി കയറ് കെട്ടിയത് ദാമോദരൻ പേര് അടുത്തൊരു ഉരല് കെട്ടിട്ടുണ്ടെടുപോയി കുട്ടിക്ക് ഒരലും കെട്ടിയിട്ടപ്പോ അവിടെ രണ്ടും മരമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരലൊന്ന് വലിച്ചാൽ വേണ്ടില്ലാന്നൊരാഗ്രഹം ഒന്ന് ആങ്ങിയൊന്ന് വലിച്ചും ആ മരം രണ്ടും കടപഴങ്ങി ചവിട്ടൽ വന്നു രണ്ട് അർജുന വൃക്ഷങ്ങൾ വരുത രണ്ടെണ്ണം ചവിട്ടൽ വീണു ആ ആ സ്ഥാനത്ത് രണ്ട് ഗന്ധർവന്മാരെ രണ്ട് യക്ഷന്മാരെ അവിടെ മുമ്പിൽ കുബേര കുബേര അനുചരന്മാർ കുബേര പുത്രന്മാർ മുമ്പിൽ നിന്നു നാരദന്റെ ശാപം കൊണ്ട് മരമായിട്ട് നിൽക്കുകയാണ് ഇവരെ എന്തിനാണ് നാടകൻ ശവിച്ചതെന്ന് വെച്ചാൽ പണം കൊണ്ട് അഹങ്കരിച്ചു പണം കൊണ്ട് അഹങ്കരിച്ചു ഭോഗികളായിട്ട് തീർന്നു നാടകന്റെ മേലെ ചെന്ന് വീണു കുടിച്ചിട്ട് ലഹരി കഴിച്ചിട്ട് നാരദന്റെ മേലെ വീണു നാരദൻ പറഞ്ഞു നിങ്ങളുടെ അസത്തുകൾ നിങ്ങൾക്ക് നല്ല ബുദ്ധി വരണമെങ്കിൽ എങ്ങനെയെങ്കിലും ഭഗവത് സമ്പർക്കം വരണം അതുകൊണ്ട് അസത്തുകൾക്ക് കുറച്ച് ധനനഷ്ടം വന്നാൽ ദാരിദ്ര്യം വന്നാൽ കണ്ണു അതുപോലെ ചില കഷ്ടം വന്നാൽ കണ്ണു തുറക്കും നിങ്ങൾ പോയി മരമായിട്ട് നിൽക്കാം വൃന്ദാവനത്തില് ഗോകുലത്തിൽ അങ്ങനെ ഗോകുലത്തിൽ മരം മരങ്ങളായിട്ട് നിന്നു ഭഗവത് സമ്പർക്കം ഉണ്ടായി ഭഗവാന്റെ മുമ്പിൽ അവര് നിന്നുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഹേ പ്രഭു ഞങ്ങളെ അനുഗ്രഹിക്കണം നമ കല്യാണ നമംഗളാം വാസുദേവായ ശാന്തായം हस्तौचकर्मसुमन पाद स्मृत तव निवास जगत् दृष्टि सदा दर्शने तनूना वाणी गुणा वाक भगवा तंदो इना गुणाुकथने ब्रूहि मुकुंदे रसने ब्रूहि मुकुंदेती नाव भगवा नमुक तंदु एगवने कीर्ति സദാ ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ മൗനമായിട്ട് ഇരിക്കട്ടെ അല്ലെങ്കിൽ ഭഗവത് കഥകൾ പറയട്ടെ അല്ലെങ്കിൽ ഭഗവത് തത്വം പറയട്ടെ അല്ലെങ്കിലും വീട്ടിലേക്ക് വരുമ്പോഴും തമ്മിൽ തമ്മിൽ കാണുമ്പോഴും ഒക്കെ ഇതൊരു പ്രാക്ടീസ് ആക്കി ആദ്യം വളർത്തിയെടുക്കുക ഈ ഭഗവത് വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാ അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക അല്ലെങ്കിൽ ഗീത വായിക്കുക രണ്ട് ഗുണമുണ്ട് ഒന്നിലവർ പിന്നെ വരില്ല രണ്ടു പിതെ വന്ന സത്സംഗമാകും കാണുമ്പോഴൊക്കെ സത്സംഗമാകും രണ്ടു വിധത്തിലുവാണെങ്കിലും നല്ലതാണിഗനേ വാക്കുകൾ ഭഗവത് ഗുണങ്ങൾ പറയാനായിട്ട് പരിശീലിപ്പിച്ചെടുക്കാനും കഥയന്തശമാം നിത്യം തുഷ്യന്തിച്ചമന്തിച്ച് സ്മരന്ത സ്മാരയന്തശമിഥോ അഘോ ഗഹരം ഹരിം ഭക്ത സഞ്ജാതയാ ഭക്യാ ബിപ്രിബ്രതി ഉത്പുളകാം ാം ചെവികളോ ഭഗവത് കഥാ ശ്രവണത്തില് കേൾക്കുന്നതിൽ ഒരു രുചി ഏർപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ആരും പറയേണ്ട ആവശ്യമില്ല ശ്രവണവും കഥായാം പൃഥുവിനെ നമുക്ക് വേണം തോന്നും കൈ എന്ത് ചെയ്യണം ഹസ്തൗജ കർമ്മസു കൈ ഭഗവാൻ പൂജ ചെയ്യണത് മാത്രമല്ല കർമ്മസു എന്നേ പറഞ്ഞോളൂ ശരീരം എന്തു ജോലി ചെയ്താലും വാക്കുകൾ ഭഗവത് കഥാകഥനത്തിലോ നാമജപത്തിലോ ശ്രവണം ഭഗവത് കഥാശ്രവണം ചെവിയിലുണ്ടെങ്കിൽ അടുക്കള പണിയൊക്കെ ചെയ്താലും പൂജയാവും കർമ്മസു മനഹാ തവപാതയോ സ്മൃത്യാ ഏകനാഥി ഭാഗവതത്തിൽ ഏകനാഥസ്വാമി ഒരിടത്ത് പറയണു അടിച്ചൊക്കെ വൃത്തിയാക്കി കുപ്പയൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിന് പുറത്ത് കൊണ്ടുപോയി പഠിക്കലിൽ കൊണ്ടുപോയിട്ട് നാരായണ പറഞ്ഞിട്ടാൽ ആ കർമ്മവും പുതിയായിട്ട് തീർന്നു അതുകൊണ്ടാണ് കർമ്മത്തിന് പ്രത്യേകിച്ച് പറഞ്ഞാൽ കർമ്മസു കർമ്മം എങ്ങനെ വേണമെങ്കിൽ ആട്ടും ഹസ്തൂപിച്ച കർമ്മസു മനഹാതപ പാദയോ സ്മൃത്യാ മനസ്സ് ഭഗവാന്റെ പാദത്തിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം പ്രണാമിയെ ശിരസോ ഭഗവാനെ നമസ്കരിക്കുന്നതില് ദൃഷ്ടി സദാം ദർശനേസ്തു കണ്ണുകളോ കൃഷ്ണൻ മുമ്പ് ലഭിക്കുന്നു കൃഷ്ണനെ കണ്ടെന്ന് പോലും പറഞ്ഞില്ല നാരദനെ കണ്ടതിന്റെ ഫലമാണ് ഇന്ന് ഈ നേരെ മാർഗത്തിലേക്ക് വന്നത് അതുകൊണ്ട് സജ്ജനങ്ങളെ നാരദ മഹർഷിയെ പോലെയുള്ള സാധുക്കളെ കാണാനുള്ള ഭാഗ്യം ഈ ദൃഷ്ടിക്കുണ്ടാവട്ടെ ദൃഷ്ടി സദാം ദർശനേസ്തു ൂനാം അവർ വേറെയല്ല ഭഗവാൻ വേറെയല്ല ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം ഇങ്ങനെ പ്രാർത്ഥിച്ചു അവർക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു അവർ പോയി പിന്നെയും കൃഷ്ണൻ ഒരെല്ലാം തന്നെ അവർ വിമുക്തരായി കണ്ണൻ ഒരെല്ലാം തന്നെ നന്ദഗോപുരം ഒന്ന് അഴിച്ചു വിട്ടു കുറച്ചു നേരം അങ്ങനെ അവിടുന്ന് ഗോകുലത്തിൽ പലവിധത്തിലുള്ള അരിഷ്ടങ്ങളും വന്നതുകൊണ്ട് ഗോകുലത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് പോവാനായിട്ട് തീരുമാനിച്ചു ഗോപന്മാരെല്ലാരും കൂടെ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു കുട്ടികളൊക്കെ അവർക്ക് പോകാൻ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് താമസമാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കെട്ടിടമൊന്നുമില്ല ഒക്കെ മുളയും ഓലയും ഇതൊക്കെ ഒന്നും അവിടെ തന്നെ ഇട്ടിട്ട് പോവാം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരു വണ്ടിയിൽ വെക്കാം കുട്ടികളൊക്കെ കഷ്ണത്തിൽ ഒരു ചൂരൽ വടിയും വെച്ചു ഒരു ഉപലാങ്ങുഴലും ഒക്കെ ആയിട്ട് ഭക്ഷണ കയ്യിൽ പിടിച്ച് പല വിഷയങ്ങളും പറഞ്ഞ് രസിച്ചുകൊണ്ട് വണ്ടികളിൽ അതാത് വസ്തുക്കളൊക്കെ കയറ്റി വൃന്ദാവനത്തിലേക്ക് ആയി വൃന്ദാവനത്തിൽ ഗോവർദ്ധനാധയുണ്ട് യമുനാനദിയുണ്ട് സുന്ദരമായ വൃന്ദാവന പ്രദേശത്തിൽ അവിടെ ചെന്ന് ഇവർ താമസാക്കി കുടീരങ്ങൾ നിർമ്മിച്ച് അവിടെ താമസായി വൃന്ദാവനത്തില് വത്സാസുരൻ ഭഗാസുരൻ രണ്ടുപേരും പഥം ചെയ്യപ്പെട്ടു വൃന്ദാവനത്തിൽ വെച്ച് ഒരിക്കൽ വൃന്ദാവനത്തിൽ ഇരിക്കുമ്പോൾ കുട്ടികളൊക്കെ കൂടെ തീരുമാനിച്ചു നമുക്ക് ഇന്ന് കാട്ടില് ചെന്ന് ഭക്ഷണം കഴിക്കാം തീരുമാനിച്ചു ജിദ്വനോദ്രജത്ഥാധയൻ പ്രബോധയൻ ശൃങ്കരവേണ വിനിർഗോ വത്സപുരസ്സോഹരി തന്നു കാസ്രശ സ്ഗ്ധാസു ജിഗ്വേത്ര വിഷാണവേണവഹ സ്വാൻ സ്വാൻ സഹസ്രോപരി സിതാൻ വത്സ പുരസ്കൃത്യ വിനിയുർമുദിത്വ മനോദദ്വുത്ഥ വയസ വത്സവാൻ പ്രബോധയ രാവിലെ എണീറ്റ് കൊമ്പും കുഴലും ഒക്കെ വിളിച്ചു കൃഷ്ണാവതാരത്തിലെ ഭഗവാനാണ് ആദ്യം പിക്കനിക്കും ഒക്കെ തുടങ്ങി വെച്ചത് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്ന് തൈരി തൈര് തൈര് ജാതം കൊണ്ടുപോവാം ഉൻ കാട്ടിലേക്ക് ഉംഗത്ത് അവൽ നെയ്യപ്പം കൊണ്ടുവാ പാൽ കൊണ്ടുവാം എല്ലാം അതാത് വീട്ടിലെല്ലാം ഏർപ്പാടായി അന്ത ഗോപക്കുഴക്ക് അവാവോ അമ്മാവോ എല്ലാം പണിക്കൊടുത്ത് എല്ലാ ഓരോ പാക്കറ്റ് സഹസ്രോപരി സംഖ്യാൻവിധാനം വെച്ച നിറയെ കണ്ണുകുട്ടികൾ പശു കിടാക്കൾ ധാരാളം എല്ലാം കൊണ്ട് കാട്ടില് പശുവിനെ മേക്കാനായിട്ട് പുറപ്പെടുകയാണ് അപ്പൊ യശോത്ത് പറഞ്ഞു അത്രേ കൃഷ്ണ ആടുമേക്കാൻ പോണ്ട കാ കാട്ടിൽ പലവിധ വിഷമങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഒരു പാട്ട് മാ കണ്ണാനി പോകേണ്ട മാടുമേക്കണ്ണാനി പോകുന്നേ കാു തരേൻ കൽകണ്ട് ചീനി തരേൻ കാച്ച പാളുതരേ കയ് നിലെ വെണ്ണ തരുന്ന ഈ നില പോകാം കയ്യിലെ വെണ്ണ തരത്തിലേ പോകാം മാടുമേക്കണാനി പോകാം മാടുമേക്കണി പോകാം ചെന്നേ കാ പാലു വേണ്ടാം കൽ കണ്ട് ചീനി കൽ കണ്ട് ചീനി സമയമാടു മേത്ത് ഒരു നൊിൽ തരവേൺ മാ തേ തടെ യുനൈ നദിക്കരയിൽ എപ്പോതും കൾവർ കൂട്ടം യമുനൈ നദി കരയിൽ എപ്പോതും കള്ളർ കൂട്ടം കൾവർ വന്ന് ഉന്നയടിത്താൽ കലങ്ങിടുവായ് കൺമണിയേ <kallalabag> char, duvai, yin, kannaani, kalani, <kallanana> േ മാ കണ്ണാനി പോകുന്ന കള്ളണി പോകേണ്ട കൾവനുക്ക് കൾവനുണ്ടോ കണ്ടതുണ്ടോ ചൊല്ലൂ അമ്മ കൾവനുക്ക് കള്ളവനുണ്ടോ കണ്ട തുണ്ടല്ല കൾവർ വന്ന് എടിത്താൽ കണ്ടും തം ചെയ കൾവർ എന്നെ അടിത്താൽ കണ്ടതുണ്ടിടുവേ പോകും തായേ തടാതി പോകും തായേ തടാ ഗോവർദ്ധനഗിരിയിൽ ോരവാന മൃഗങ്ങൾ ഉണ്ട് ഗോവർദ്ധനഗിരി ഘോരമായ മൃഗങ്ങൾ ഉണ്ട് കരടി പൂലിയെ കണ്ടാൽ കലങ്കിടുവായ് കൺമണിയേ കരടി പൂലിയെ കണ്ടാൽ കലങ്കിടുവായ് കൺമണിയേ മാടുമേക്കണി പോക വേണ്ട കള്ളി പോകേണ്ട കാട്ടു മൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും കാട്ടു മൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും കൂട്ട ഓടി വന്നാൽ വേട്ടയാടി ജയിത്തിടുവേ ൂടോടി വന്നാൻ കേട്ടയെടുവേ പോകും തായേ തടാതിയേ പോകും തായേ തടാറീ പാശമുള്ള നന്ദഗോപാലനെങ്കട്ടുള്ള നന്ദഗോപ എന്നതിൽടാ എൺമണിയേ എന്നതിൽ എണ്മണിയേ മാ കണ്ണാനി പോകേണ്ട മാടുമേക്കണാനി പോകേണ്ട ബാലരുടൻ വീതിയിലേ പന്താടു വരു കയ്യിലേ ഓടി വന്ന് നിടിനി വരുകയേ ഓടി വന്ന് നിൻിടുവേ പോക വണ്ടായേ പോകും തായേ തടൈസീ മാടുമേക്കണ്ണി പോകേ കണ്ണാന പോകണ്ടാൽ പോകും തായേ തടീ പോകും തായേ തടലാരലി ഗോവിന്ദന സങ്കീർത്തനം <lightweight>